ലീ സീയ സൂര്യനാ നാ ആമീൻ ആമീൻ ആമീൻ യോ വൈ ഭവമാസുഖം നാഗേ സുഖമസ്തി ഭവമവ സുഖം ഭൗമാവേ വിജിജാസിദി ൂജിജ്ഞാസ്പശ്യത്തിണോതി നൂമ അഥയ പശ്യത്തി നിശനോതിർപ്പം യോയ് തമൃതം അഥ ്ദൽപ്പം തന്മർത്തി സഭവ കതിഷ്ത ശ്രീമഹ ജീവന മഹിമനി ശ്യപ്പെടുന്നത് ദുഃഖ നിവൃത്തിയാണ് ദുഃഖത്തിൽ ാണ് ദുഃഖത്തിന്റെ മറുകര ദുഃഖത്തിന്റെ മറുകര എന്ന് പറയുമ്പോ സുഖമാണല്ലോ പ്രതീക്ഷിക്കുന്നു ദുഃഖമില്ലെങ്കിൽ അവിടെ സുഖം സുഖത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാ പറയുന്നത് എന്നെ ദുഃഖത്തിന്റെ മറുകരയിൽ എത്തിക്കുന്നു അപ്പൊ അത് പറയുന്നു ഭൂമാസുഖം സുഖം ഭൂമാവാണ് ാണ് ഭൂമൈവസുഖന്ന് പറഞ്ഞു അത് എനിക്ക് സുഖം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജീവന്മാരിൽ അനുഭവിക്കുന്ന സുഖം അതായിരിക്കും പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് പറഞ്ഞ ഭൂമൈവസുഖം ഭൂമമാണ് സുഖം എന്ന് പറഞ്ഞു ഭൂമാരൂപത്തിലുള്ള സുഖം എന്തായി ഭൂമ ഭൂമാനം ഭഗവ്ഞാസ് ഭൂമ അതെങ്ങനെ അറിയും എനിക്ക് അതാണ് അറിയാൻ താല്പര്യം സുഖരൂപത്തിലുള്ള ഭൂമ അത് പറഞ്ഞു എത്ര നാന്യ നാണ്യോദി എന്ന് പറയുന്നു എത്ര എത്ര നീക്കും നമുക്ക് ഏതൊരു സ്ഥാനത്ത് അല്ലെങ്കിൽ ഏതൊരു അവസ്ഥയില് എത്രന്ന് പറഞ്ഞാൽ എവിടെ ൾക്കാണെങ്കിൽ എത്ര ഉപയോഗിക്കുന്നത് അങ്ങനെ ഏതോ ഒരു കാലത്തോ ഒരു ദേശത്തോ ഉള്ളതിനെ കുറിച്ചാണോ എത്ര നാനീത് പശ്യ നാന്യത് ശോതി നാന്യ വിജാനാദി എന്ന നമ്പർ എവിടെയാണോ ഒന്നിനെ കാണുന്നില്ല ഒന്നിനെ കേൾക്കുന്നില്ല ഒന്നും അറിയുന്നില്ല അങ്ങനെ അതാണോ ഭൂമാവ് അതിനെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് എത്ര ശബ്ദം ഉപയോഗിച്ചുകൊണ്ടാണ് അതിന് പറഞ്ഞു എന്താണ് ദൃശ്യദേഹി ലോകെ എത്ര ശൂന്യഗ്രഹേ പശ്ചിതി സ്തംഭാദീന ആത്മാനൻ എത്ര മറ്റൊന്നിനെയും കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഉദാഹരണം പറയുന്ന ഒരു വീടിത്തന്നെ അവിടെ ചെല്ലുമ്പോൾ വീട് എത്ര അവിടെ മറ്റൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ ഒന്നുമില്ലെന്നാണ് അർത്ഥം എവിടെയാണോ ഒന്നിനെ കാണാത്തത് കേൾക്കാത്ത സംസാരിക്കാത്തത് എന്നെല്ലാം പറഞ്ഞാൽ ഏതോ ഒന്നിനിന്ന് സംഭവിക്കുന്നില്ല എന്ന് തോന്നും ഒരു ദേശത്തോ അല്ലെങ്കിൽ ഒരു കാലത്തോ അല്ലെങ്കിൽ ഒരവസ്ഥയിലോ പറയുന്ന അതൊന്നുമല്ല ഇവിടെ എന്താണോ എത്ര നാനീത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വം അസീത്യേകത്വ ഉപദേശ അധികരണ അധികർത്തവ്യ ഭേദാനുപത്യ അങ്ങനെ സംശയിക്കരുത് ഇവിടെ ഒരവസ്ഥയിലോ അല്ലെങ്കിൽ ഒരു കാലത്തോ ദേശത്തോ അല്ല അങ്ങനെ ഒരു ഭേദമില്ലാത്തട അധികരണം അധികർത്തവ്യം അങ്ങനെ ഒരു ഭേദമില്ലാത്ത സ്ഥലം മേശ അധികരണമാണ് അവിടെ അധികർത്തവ്യമാണ് പുസ്തകം ഇവിടെ അങ്ങനെ ഭേദമുണ്ട് വീട് അധികരണം അവിടെ ഇരിക്കുന്ന വസ്തുക്കളെല്ലാം അധികർത്തവ്യം അത്തരത്തിലൊരു ഭേദം ഇവിടെ ഇല്ല എങ്കിലൊരു ദേശം ഒരു കാലം ഒരവസ്ഥ അങ്ങനെയൊന്നുമില്ല ൂമാന്ന് പറയുന്ന സുഖസ്വരൂപം തന്നെ സച്ചിദാനന്ദം അതാണ് ഭൂമ അതിനെ നമ്മൾ പറഞ്ഞെന്താണ് ഏകത്വോപദേശ തസി ഉപദേശിച്ചിരിക്കുന്നതാണ് അതേകമാണ് തഥാ സദേകമേവാദ്ധീയം സത്യമിതി ഷഷ്ടിതത്വം അതുപോലെ തന്നെ ആറാധ്യായത്തിൽ ഇത് നിർണയിച്ചതാണ് ഏകമയദ്വിതീയം അപ്പൊ അവിടെ എന്തിനാണോ തത്വമസി എന്ന് പറഞ്ഞത് മുമ്പ് ഏതിനാണോ ഏകമേവ ആദ്യജീവെന്ന് പറഞ്ഞത് അതിനാണ് ഇവിടെ ഭൂമ സുഖം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തത്വത്തെയാണ് ഇവിടെ വിശദീകരിക്കുന്നത് സുഖം എന്നാണ് പറയുന്നത് അല്ല നീ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരവസ്ഥ അല്ല നമ്മൾ ഇനി അനുഭവിക്കേണ്ട ഒരവസ്ഥ അതിന് കേവല തത്വത്തെ നിർദ്ദേശിക്കുകയാണ് അവിടെന്താണോ സദേവ അദ്വിതീയം എന്ന് നിർണ്ണയിച്ചാത് നമ്മുടെ ഭൂമി ഇവിടെ കൂടുതലായി പറയുന്നത് എന്താണോ അസുഖമാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു നാരദം പറയുന്നു എനിക്ക് ദുഃഖം വേണ്ട അപ്പൊ അതിനെങ്ങനെ തത്വമായിട്ട് എന്തുകൊണ്ട് പറയുന്നു ആ ദുഃഖമില്ലാത്ത സുഖം അതിന് നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖമാണോ അനുഭവിക്കേണ്ട ഒരു സുഖമാണോ അങ്ങനല്ല നമ്മൾ അനുഭവിച്ചിട്ടുള്ള സുഖവുമായി താരതമ്യം ചെയ്ത് ഇതുപോലെ ഇതിനേക്കാൾ വലുതായുള്ള ഒരു സുഖമല്ല തത്വസ്വരൂപമാണ് പരമാർത്ഥസ്വരൂപമാണ് അതൊരു വിഷയസുഖത്തെയല്ല ഇവിടെ പറയുന്നു അനുഭവിക്കാവുന്നതിൽ വലിയൊരു വിഷയസുഖം മനസ്സുകൊണ്ട് അനുഭവിക്കാവുന്ന ഒരു സുഖമല്ല എന്താണ് അദൃശ്യ അന്നാത്മി അദൃശ്യം അല്ല തത്വസ്വരൂപമാണ് അത് ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ ദൃശ്യമായ ഒന്നല്ല സുഖമെന്ന് പറയുമ്പോൾ മനസ്സങ്ങനെ പോകും അങ്ങനെയല്ല അത് മറ്റു വിഷയങ്ങളെപ്പോലെ നമ്മുടെ മുമ്പ് ഒന്നോ പ്രത്യക്ഷമാകാൻ നിന്ന് വരുന്ന ഒന്നല്ല അങ്ങനെ പ്രത്യക്ഷമാക്കാമെന്നുള്ള ഒന്നല്ലേ വിജ്ഞാതാരം കേനവിജാനിയ അത് സ്വയം അറിവായി നിന്ന് സകലതിനെയും പ്രകാശിപ്പിക്കുന്നു അറിവായോ ആനന്ദമായോ സത്തായോ എങ്ങനെ വേണോ പറയാം അങ്ങനെ അത് അറിവായി നിന്ന് സർവത്തിനേയും പ്രകാശിപ്പിക്കുന്നു സത്തായി നിന്ന് സർവത്തിന് ഉണ്മയ അത് ആനന്ദമായി നിന്നുകൊണ്ട് ആനന്ദിപ്പിക്കുന്നു സർവരെയും അതാണ് അതിന്റെ സ്വരൂപം കേനവിജാനീയത അതിനെ എങ്ങനെ അറിയാൻ പറ്റും അതറിയുന്ന വിഷയമുണ്ടല്ലോ ഇത്യാദി ശ്രദ്ധിക്കും ഈ ശ്രദ്ധയെ കൊണ്ട് എന്താ മനസ്സിലാക്കണ്ട് സ്വാഗ്മനി ദർശനാദി അനൂപദ് ഹീദസ്വരൂപത്തെ കുറിച്ച് പറയുക അവിടെ ദർശനം ശ്രവണം വിജ്ഞാനം ഒന്നും അവിടെ സംഭവിക്കത്തില്ല എന്നാ അതാണ് ഭൂമ അതാണ് സുഖസ്വരൂപം അത് വിഷയം അല്ല സുഖമാകുന്ന ഒരു വിഷയമല്ല അത് സുഖസ്വരൂപമാണ് അതിനെ സത്തെന്നോ ചിത്തന്നോ ആനന്ദോ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണ് മൂന്ന് ശബ്ദത്തിന് മൂന്നർത്ഥമുണ്ട് മൂന്നുകൊണ്ടും ബോധിപ്പിക്കുന്ന ഒന്ന് എത്ര വിശേഷണം അനർത്ഥകം പ്രാപ്ത മതി ചെയ്ത് പക്ഷെ ഇവിടെ എത്രനാ അന്വേഷിച്ചു നോക്കി എവിടെയാണോ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നും ഏതോ ഒരു പ്രത്യേക അവസ്ഥയിലാണ് അതാണ് ഭൂമ ഇത് തെറ്റിദ്ധരിക്കാം അങ്ങനെയാണെങ്കിൽ പിന്നെ എത്ര എന്നുള്ള ശബ്ദം എന്തിനുപയോഗിച്ച് അതുവരെ ആണല്ലോ ഒരു പ്രത്യേക അവസ്ഥയെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ സാധാരണ നമ്മൾ എന്തു പറയുന്നു എത്ര എവിടെയാണോ സുഖമുള്ളത് എവിടെയാണോ ദുഃഖമുള്ളത് എന്നാ പറയുമ്പോ ഒരു പ്രത്യേക അവസ്ഥയെ കുറിച്ച് പറയുകയാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ കുറിച്ച് പറയുക അല്ലെങ്കിൽ എത്ര ശബ്ദം വ്യർത്ഥമാകും അനർത്ഥകം പ്രാപ്ത അങ്ങനല്ല എത്ര എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആ വിദ്യാകൃത ഭേദാപേക്ഷത്വ കാരണം തുയത ഭാഷയാ തത്വത്തെ വിശദീകരിക്കുമ്പോൾ ദ്വൈത ഭാഷയിലേ പറയാൻ പറ്റും അദ്വൈതത്തിന് ഭാഷയാണ് അദ്വൈതത്തിനും ഭാഷയില്ല പക്ഷെ ഭാഷയിലൂടെ ആ ആശയത്തെ വേറൊരാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ദ്വൈതഭാഷ ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് ഒരു പദം വേണമെന്നോ ആ തത്വത്തെ ചൂണ്ടിക്കാണിക്കുന്ന അതിനുവേണ്ടി പറഞ്ഞു എത്ര എന്തുകൊണ്ടത് സ്വീകരിച്ചു കാരണം ൃതഭേദാവസ്ഥയിൽ അതായത് ഈ വ്യവഹാരികാവസ്ഥയിൽ നമ്മൾ കാര്യങ്ങളെ പറയുകയും മനസ്സിലാക്കുകയും മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥയിൽ ഉപയോഗിക്കുന്ന ഭാഷ ആ തത്വത്തെ പറയാനും ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ ഇവിടുത്തെ എല്ലാ വ്യവഹാരവും ഭേദത്തെ ആശ്രയിച്ചിട്ടാണ് അതാണെങ്കിലോ അദ്വയമാണോ അഭേദമാണോ അപ്പൊ ആ ഭേദത്തെക്കുറിച്ചൊരു വ്യവഹാരം ഭേദത്തെ ആശ്രയിച്ച പറ്റും അതിനെ ആശ്രയിക്കാ പറയാൻ പറ്റത്തില്ല അവിദ്യാകൃത ഭേദ അപേക്ഷത്വം അതുകൊണ്ട് ആ തത്വത്തെ പറയുമ്പോഴും ദ്വൈത ഭാഷ ഉപയോഗിക്കും കാരണം ഭാഷയില്ല അതുകൊണ്ട് മാത്രം യഥാർത്ഥ അദ്വിതീയത്വ ബുദ്ധിയും പ്രകൃതം അപേക്ഷ സദേഗമേ അദ്ധീയം ഇതിഗ്രഹമിച്ചത് അങ്ങനെ പറയുകയാണെങ്കിൽ ഏകം അദ്വിതീയം എന്നെല്ലാം പറയുന്നത് അബദ്ധമാണ് കാരണം ഏകം എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റി വ്യവഹാരത്തിൽ എന്തുകൊണ്ട് ഇവിടെ ദിത്തമുണ്ട് ദിത്വം ഉള്ളതുകൊണ്ട് ആപേക്ഷികമായി നിൽക്കുന്ന ഒന്നാണ് ഏകമെന്ന് പറയുന്നത് രണ്ടിനെ അപേക്ഷിച്ച് ഒന്നുള്ളൂ രണ്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ ഒന്ന് ഒന്നേ അധികം ഒന്നല്ലേ രണ്ടാകുന്നു അപ്പം സംഖ്യകൾ അപേക്ഷികങ്ങളാണ് നിരപേക്ഷമല്ല നിരപേക്ഷമായ ഒരു തത്വത്തെ ആപേക്ഷികമായ സംഖ്യ ഉപയോഗിച്ച് അതൊന്നായാലും ശരി രണ്ടായാലും മൂന്നായാലും അത് പറഞ്ഞാലങ്ങനെ ശരിയാകും അത് ശരിയല്ലല്ലോ കാരണം രണ്ടുള്ളടത്തേ ഒന്നെന്ന് പറയാൻ പറ്റും രണ്ടില്ലാത്തടത്തേങ്ങനെ ഒന്നും വരും അപ്പൊ ഏകം എന്ന് പറഞ്ഞ തെറ്റാണ് അദ്വിതീയം എന്ന് പറയുന്നത് അദ്വിതീയം പറഞ്ഞാൽ രണ്ടാമത്തേത് രണ്ടാമത്തത് അവിടെ ഇല്ല എന്ന് പറയുന്നത് പറയാൻ പറ്റും രണ്ടാമത്തത് മൂന്നാമത്തത് നാലാമത്തതെന്നെല്ലാം പറയുന്നതും ആപേക്ഷികമാണ് രണ്ടാമത്തത് ഇല്ല എന്ന് പറയണമെങ്കിൽ അത് ആപേക്ഷികമായ ഒന്നാമത്തതിനപേക്ഷിച്ച് പറയും രണ്ടാമത്തതല്ല എന്നുവച്ചാൽ ഒന്നാമത്തതാണ് ഇത്തരം സംഖ്യാവ്യവഹാരങ്ങൾ ഇല്ലാത്ത ഒന്നിന് ഏകം അദ്വീയം എന്നെല്ലാം പറയുന്ന അബദ്ധമാണ് അത്തരം സാപേക്ഷ ിലയിൽ ഉപയോഗിക്കുന്ന ഈ ശബ്ദങ്ങളൊന്നും ബ്രഹ്മത്തിന് യോജിക്കുന്നതല്ല ഭൂമിക്ക് യോജിക്കുന്നതല്ല പക്ഷെ അതിനെ പ്രയോഗിക്കാൻ അവിടെ ഉപയോഗിക്കാൻ ഭാഷകളില്ലാത്തതുകൊണ്ട് ഈ വ്യവഹാരത്തിലെ ഭാഷകൾ ഒന്നും തന്നെ യോജിക്കുന്ന അത് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ എന്താണ് ഇതൊന്നും അല്ലാതെ ബ്രഹ്മ ഏകമാണെന്നുള്ള ഏകത്തിന്റെ വാചാർത്ഥം കൊടുത്ത് ബ്രഹ്മത്തിന് യോജിപ്പിച്ചാൽ എങ്ങനെ ശരിയാകും ബ്രഹ്മ ഏകമാണോ ഏകം എന്ന് പറഞ്ഞാൽ ഏകസംഖ്യയാണ് എന്താ ഏകസംഖ്യയോ അല്ലെങ്കിൽ ഏകത്വസംഖ്യോ ഉള്ളതോ ഒന്നാണോ ബ്രഹ്മ ആപേക്ഷികമായ മനസ്സിന്റെ കൽപ്പനയാണ് അദ്വിതീയം അദ്വൈതം എന്നെല്ലാം പറയുന്നു അതൊന്നും ഈ ബ്രഹ്മത്തിന് ചേരുന്ന ഭൂമവിന് ചേരുന്ന ഇതല്ല ഈ തത്വത്തിന് യോഗിക്കുന്ന ശബ്ദങ്ങളല്ല എന്നാണ് സത്യ ഏകത്വ അതിഥീയ ബുദ്ധിയും അതുപോലെ തന്നെ സത്യം എന്ന് പറയുന്നു എല്ലാ ശബ്ദങ്ങളും ജ്ഞാനം വിജ്ഞാനം ആനന്ദം തുടങ്ങിയ എല്ലാ ശബ്ദങ്ങളും എല്ലാ ശബ്ദങ്ങൾക്കും ഇതുപോലെ പരിമിതികളാണ് ഇതെല്ലാം ആപേക്ഷികമായ വ്യവഹാരത്തിലാണ് ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് പക്ഷെ അത് ഉപയോഗിച്ച് ഇത് പറയാൻ പറ്റും തഥാ സത് ഏകത്വ അദ്വിതീയത്വ ബുദ്ധിയും പ്രകൃതം അപേക്ഷ പ്രകൃതി വ്യവഹാരം നിലയിലുള്ള ഇത്തരം ഒരു അറിവ് നമുക്കുണ്ട് ഇതിനപേക്ഷിച്ച് സത് ഏകമേ അദ്വിതീയ സംഖ്യാദ്യ അനർഹം അവിടെ പറഞ്ഞ് സത് എന്തായ സത് സത്തെന്ന് പറയുന്നത് ഈ വ്യവഹാരത്തിലേ ഉള്ളൂ ഇവിടെ നമ്മൾ കാണുന്നു ഇത് സത്താണ് ഇത് ഞാൻ കാണുന്നു അനുഭവിക്കുന്നത് സത്താണ് മറ്റേതെല്ലാം നഷ്ടമായി പോയി ആ സത്തായി അല്ലെങ്കിൽ കാണുന്നില്ല അനുഭവിക്കുന്നില്ല പിന്നെ ഈ അനുഭവ തലത്തിലുള്ളതാണ് ജാഗ്രത അനുഭവ തലത്തിൽ പ്രധാനമായിട്ട് അതുകൊണ്ടാണ് ഇതിന് സുഷുത്യദിഷ്ടാന്തമായി പറയുന്നത് കാരണം ഈ ജാഗ്രത അനുഭവ തലത്തിൽ പറയുന്ന ഒന്നും തന്നെ ഇതിന് ചേരുന്നതല്ല നാമരൂപങ്ങൾ തന്നെ സർവവും അസംബന്ധമാണെന്ന് പറഞ്ഞിട്ട് ആ നാമങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് പറയുന്നു ഇവിടെ പറയുന്നത് എന്താണ് നാമരൂപങ്ങളെല്ലാം വാക്കാരംഭണം അത് കേവലം അസംബന്ധമാണ് നിലനിൽക്കുന്ന അപ്പം നിലനിൽക്കാത്ത നാമം കൊണ്ട് സത്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അത് സത്യമാണെന്നാണോ ധരിക്കേണ്ടത് ഏകമാണെന്നോ അദ്വിതീയമാണെന്നാണോ ധരിക്കേണ്ടത് അങ്ങനെയല്ല എന്ന് പറയുന്നു സത് ഏകമേ വാർത്തിന്റെയും ഇതി സംഖ്യാതി അനർഹം ഒരു ശബ്ദത്തിനും യോജിക്കാത്തതാണ് അങ്ങനെ പറയുന്നു അതുപോലെ എത്ര എന്നുള്ള ശബ്ദം ഉപയോഗിച്ചാലും അത്രേ ഉള്ളൂ ഒന്നിനെ ചൂണ്ടിക്കാണിക്കുന്നു അതാണ് സുഖം നീ കരുതുന്ന സുഖമുണ്ട് നീ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന വലിയ സുഖമുണ്ട് അവിടെ ഇതൊന്നും അവിടെ യോഗ്യത്തില്ല ഏകമൊന്നോ ആധ്വര്യമെന്നോ ഒന്നും അതിന് പറയാൻ ശബ്ദങ്ങൾ കൊണ്ടൊന്നും അവന് പറയാൻ പറ്റത്തില്ല സംഖ്യാദ്യ അനർഹംഖ്യാദികൾക്ക് സംഖ്യാദി ശബ്ദങ്ങൾക്ക് അത് യോഗ്യമായ ഒന്നല്ല യുചിത് പക്ഷെ പറയാതിരിക്കുന്ന പറയുന്നതിന്റെ താക്കീതൊണ്ട് ഇതെല്ലാം നിഷേധിക്കപ്പെടുന്നത് അത് അങ്ങനെ പറയുമ്പോൾ ഒന്നും കിട്ടത്തില്ലല്ലോ എങ്ങനെയത് മനസ്സിലാക്കും ഈ പറയുന്നു ഒരു ശബ്ദം കൊണ്ടും വെളിപ്പെടുത്താൻ പോയ്യാത്തത് ഏകമെന്നോ അതിഥീയമെന്നോ പറയാൻ വയ്യാത്തത് അങ്ങനെ എന്താ ഉള്ളത് അങ്ങനെ പറയണമെങ്കിൽ പറയുന്നതിന് എന്താ അടിസ്ഥാനം അതിനാണ് ദൃഷ്ടാന്തം പറയുന്നത് ഭൂമ സുഷുതി അവിടെ സംഖ്യാദികൾ കൊണ്ടൊന്നും വ്യവഹരിക്കാൻ വയ്യ വ്യവഹരിക്കുന്നുമില്ല സത്വമെന്നോ ചിത്തന്നോ ആനന്ദോ ഒന്നും പറയുന്നില്ല പക്ഷെ അത് നിശ്ചയിക്കാൻ വയ്യ അതേസമയം അവിടെ ബാക്കിയെല്ലാം നിഷേധിക്കുന്നുണ്ട് ഒന്നിനും നിഷേധിക്കാൻ കഴിയുന്നു അവിടെ ബാക്കിയെല്ലാം നിഷേധിക്കപ്പെടുന്നു അങ്ങനെ ഒരു സ്ഥ അതെന്താ അന്വേഷിച്ചു പോയല്ല കാര്യം താൻ തന്നെയാണ് സുശുദ്ധി അന്വേഷിച്ചു പോയ എവിടെ താൻ തന്നെയാണ് അതാണ് ആ പറയുന്നത് അതുകൊണ്ടാണ് അതിലൂടെ ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നത് വേറെ വഴിയിലും മനസ്സിലാക്കാൻ പറ്റത്തില്ല ഒരു വഴിക്കേ ഉള്ളു കാരണം ഇത് മനസ്സുള്ളിടത്തല്ലേ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് മനസ്സില്ലാത്തടോ മനസ്സില്ലാത്തടോ ഒന്നേ ഉള്ളൂ സുഴുത്തി മാത്രം അതുകൊണ്ടാണ് ആ ദൃഷ്ടാന്തം വളരെ പ്രാധാന്യമുണ്ട് സുഷൃത്തിക്ക് ജാഗ്രത സ്വപ്നങ്ങളെക്കാളും അതിന് പ്രാധാന്യമുണ്ട് കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഈ അദ്വൈതമെല്ലാം ശുദ്ധ അസംബന്ധമായി പോയി ഇതിനെ സമർപ്പിക്കാൻ വേറെ ഒന്നും പറ്റില്ല സമാധി ആണോന്ന് സമാധി പോരാ കാരണം സമാധി സർവ്വസാധാരണ സമാധി ചെലരുടെ അവകാശവാദമാണ് എനിക്ക് സമാധിയുണ്ട് നിനക്കില്ലെന്ന് പറയുന്ന അതിനെവിടെ എടുക്കാൻ പറ്റത്തില്ല അതിന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതൊരു നിഗൂഢശാസ്ത്രമാണ് ഇതൊന്നും നിഗൂഢതകളെ കുറിച്ച് പറയുന്നത് മാത്രം കൈവീസമുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു ഇതങ്ങനെയാണ് ഇത് സർവസാധാരണ പ്രതിബോധവിദുതം എന്നാണ് പറയുന്നത് ബോധമുണ്ടോ അവിടെ എല്ലാം വിദുതമായിരിക്കുന്നാണിത് അപ്പം അങ്ങനെയുള്ള ഒന്നിനെ ഇത് ചിലരുടെ അനുഭവമാണ് ചില വ്യക്തികൾക്ക് മാത്രമുള്ളതാണെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് സുഷുപ്തിയെ ദൃഷ്ടാന്തമായി പറയുന്നത് അത് പ്രത്യേകിച്ച് ആർക്കും അവകാശപ്പെട്ട ഒന്നല്ല ബ്രഹ്മം പ്രത്യേകിച്ച് ആർക്കെങ്കിലും അവകാശപ്പെട്ട ഒന്നോ നല്ലത് അത് സർവജീവ സാധാരണമാണ് ചരാചര സാധാരണമാണ് ജഡാച്ചട സാധാരണമായിരിക്കുന്ന ഒന്നാണ് അതിനാണ് അതിനെ ചൂണ്ടിക്കാണിക്കുന്ന അതാണോ എന്ന് പറയും ഭൂമ എന്ന് പറയും അതിനോളം പ്രാധാന്യം ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നിനുമില്ല നമ്മൾ മായി കരുതുന്നുണ്ടെങ്കിൽ അതിനോടും പ്രാധാന്യം വേറെ സമാധിക്കുകയില്ല ഭൂമിനേക എത്രയേത് വിശേഷം അതുകൊണ്ട് അതിനെ പറയും എത്ര അതൊന്നേ ഉള്ളൂ അവിടെ എത്ര എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അധികരണമൊന്നുമില്ല പക്ഷെ അങ്ങനെ പറയാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഈ ചർച്ച വരുന്നിടത്തെല്ലാം ഇവിടെ ആറാം അധ്യായം മുതൽ ഇതുവരെയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കും ആ ചർച്ച അവിടെ കൊണ്ടുവന്ന് അതിനെ യോജിപ്പിക്കുന്നതെല്ലാം സുശൃപ്തിയിലാണ് തത്വമസിയപ്പോൾ അത് ശ്രദ്ധിച്ചു നോക്കിയാലേ മനസ്സിലാക്കും അവിടെ അതിനെ യോജിപ്പിക്കുന്നു അതുകൊണ്ട് എത്ര എന്ന് പറയുന്നതോ ഏകം ഏക അതിഥിയും എന്നെല്ലാം പറയുന്നത് ഈ ശബ്ദങ്ങൾക്കെല്ലാം താല്പര്യമൊന്നുമുള്ളൂ എന്താണ് ഭൂമാവിനെ അതിന്റെ പരമാർത്ഥ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുക ശബ്ദം കൊണ്ട് പ്രകാശിപ്പിക്കാൻ കഴിയാത്ത ഒന്നിനെ ശബ്ദത്തിലൂടെ പ്രകാശിപ്പിക്കാനുള്ള ഒരു ശ്രമം അപ്പൊ സ്വാഭാവികമായിട്ടും ശബ്ദം അവിടെ നിരാകരിക്കപ്പെടും അവിദ്യ അവസ്ഥായ അന്യദർശനം വെച്ച ഭൂമാവൂഷ അന്നാന്യ പശ്യതീതി വിശേഷണം പറയുന്നു അന്യമില്ലായെന്നെന്തിനു പറഞ്ഞു രണ്ടല്ല എന്നെന്തിനു പറഞ്ഞു അത് അസത്തല്ല സത്താണെന്ന് എന്തിനു പറഞ്ഞു പറയുന്നു അതെല്ലാം അവിദ്യാവസ്ഥായ അന്യദർശനാനുഭവം ഈ അവിദ്യാവസ്ഥയുടെ ഈ അനുഭവങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് എന്നുവെച്ചാൽ അവിദ്യാവസ്ഥയുടെ അനുഭവം എന്ന് പറഞ്ഞു മുഖ്യമായിട്ട് ജാഗ്രത അനുഭവം ഈ ജാഗ്രത അനുഭവങ്ങളെ സ്വപ്നം പോട്ടെ അതിപ്പോ നമ്മുടെ മുമ്പിലില്ലല്ലോ ഈ ജാഗ്രത അനുഭവങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് പറയുകയാണ് ഈ ജാഗ്രത അനുഭവത്തിൽ എന്താ ഉള്ളത് എത്ര എന്നിവിടെ പറയാം അതിന് അന്യം എന്ന് പറയാം ഏകോ എന്ന് പറയാം ദ്വിതീയോ എന്ന് പറയാം അദ്വിതീയോ എന്ന് പറയാം ഇതെല്ലാം ജാഗ്രത വ്യവഹാരങ്ങൾ ഈ ജാഗ്രതയുള്ള ഇതിനെ അനുവാദം ചെയ്തുകൊണ്ട് ഇതിനെല്ലാം വിടാതെ ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ നിഷേധിച്ച് മറ്റെതിനെ കാണിക്കുന്നു അതാണ് ഭൂമ ഈ രീതിയിലല്ലാതെ ഈ അദ്വൈതത്തെ പ്രകാശിപ്പിക്കാൻ വേറെ വഴിയില്ല കാരണം ഇതിനെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശബ്ദമാണ് ശ്രുതിയാണ് ശ്രുതി ശബ്ദ സ്വരൂപമാണ് ശ്രുതി അപ്പം ആ ശബ്ദം ഇതിനെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതെല്ലാം വേറെ വഴിയില്ല ഈ ജാഗ്രത്തിൽ എന്തൊക്കെ അനുഭവങ്ങളുണ്ടോ അതിനെയെല്ലാം വിജയിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നിന്നും വിലക്ഷണമായ ഒന്ന് എന്ന് പറയും ഇതല്ലാത്ത ഒന്ന് സുഷുതി എങ്ങനെയാ വർണ്ണിക്കുന്നു അതിനെ കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല ഇതൊന്നും അല്ലാത്ത ഒന്ന് എന്നു ഇതിനവിടെ പാടെ നിഷേധിക്കുക അതുമാത്രമേ ചെയ്യാൻ പറ്റൂ പക്ഷെ അത് നിഷേധിക്കണമെങ്കിൽ ഇതിനാദ്യം ഉൾക്കൊള്ളണം അദ്വിതീയം എന്ന് പറയണമെങ്കിൽ അദ്വിതീയതഗ്രഹിക്കും ഏകമെന്ന് പറയണമെങ്കിൽ തത്വത്തെ അഗ്രഹിക്കും ആ രീതിയിൽ അതിനാണ് അനുവാദം എന്ന് പറയുന്നത് ആ വിദ്യാവസായം അന്യദർശന അനുവാദീനജൂമനഹ തദ് അഭാവത്വ ലക്ഷണത്യ അതാണ് ഭൂമ എന്ന് പറഞ്ഞാൽ എന്താണ് തദ്ഭാവത്വം ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊന്നും ഇല്ലാത്തത് അങ്ങനെ രണ്ടു തരത്തിലും പോഷകാരം പറയും രണ്ടും ഒരുപോലെ മനസ്സിലും ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊന്നും ഇല്ലാത്തത് അങ്ങനെ പറയാനെങ്കിൽ ഏതൊന്നാണോ ഇതെല്ലാമായിരിക്കുന്നത് രണ്ടു രീതിയിൽ മനസിലാക്കും അത് അദ്വിതീയം എന്ന് പറയുമ്പോൾ അവിടെ അദ്വിതീയത്തെ നിഷേധിക്കുന്നു ദ്വിതീയമല്ലാത്തത് ഏകം എന്ന് പറയുമ്പോൾ ദ്വിത്വാദികളെ നിഷേധിക്കുന്നു സത് എന്ന് പറയുമ്പോ അസത്തിന് നിഷേധിക്കുന്നു അസത്തിന് നിഷേധിക്കുക മാത്രമാണോ ചെയ്യുന്നതല്ല അസത്തിനെ നിഷേധിക്കുകയും അസത്തിൽ നിന്നും വ്യത്യസ്തമായ എന്തോ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നതാണ് സത് എന്ന് പറയുന്ന ശബ്ദത്തെ ഉപയോഗിച്ചത് അതാണ് ഇവിടെ ചെയ്യുന്നത് ഭൂമന പശ്ചിതി വിശേഷണം അതാണ് പശ്ചിതി എന്നെല്ലാം എത്ര ഭൂമാവിന് പറയുന്നതാണ് പരമാർത്ഥ തത്വം അങ്ങനെയാണ് അല്ലാതെ ഇത് ഏതെങ്കിലും ഒരവസ്ഥയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അവസ്ഥയെ കുറിച്ച് പറയുന്നതോ മുക്തിയെ കുറിച്ച് പറയുന്നോ ഒന്നുമല്ല ചിലപ്പോൾ അങ്ങനെ എത്ര നാഞ്ചിൽ വസതിക്കുമ്പോൾ എന്താണ് ഒരവസ്ഥയിൽ അങ്ങനെ പറയുന്നില്ല തത്വത്തെ പറയണ തത്വം ഇന്നതാണ് തത്വം എന്ന് പറയുന്ന ഒരവസ്ഥയല്ല വീക്ഷിതത്വായത്വ സ്ഥിരീതി വിശേഷണം തസ്മാസാരവഹാരോ ഭൂമി നിന്ന ആ സ്ഥിതി സമുദായർത്ഥം അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഈ സംസാരവ്യവഹാരം അത് ഈ തത്വത്തിലില്ല ആ തത്വമാണ് സുഖം എന്ന് പറയുന്നത് അത് ആ തത്വം സുഖം ആയതുകൊണ്ട് ഈ തത്വത്തെ ഗ്രഹിക്കുന്നവൻ അല്ലെങ്കിൽ ഈ തത്വനിഷ്ഠൻ അവൻ അസുഖത്തെ അല്ല ആനന്ദത്തിലാണ് സുഖത്തിലാണ് എന്ന് പറയുന്നു അതൊരു അനങ്കാരികമായി പറയുന്ന കാരണം അല്ലാതെ അയാൾ സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല കാരണം സുഖത്തെ ഒരാൾ അനുഭവിച്ചുകൊണ്ടിരുന്നാൽ അയാൾക്ക് ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരും കാരണം സുഖവും ദുഃഖം രണ്ടും ദ്വന്ദ്വാത്മകമാണ് അത് പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണ് അവിടെ തത്വജ്ഞാനിക്കെ മാറ്റാൻ വക്കത്തില്ല പ്രപഞ്ച സ്വഭാവത്തെ മാറ്റാൻ ഒരു തത്വജ്ഞാനിക്കും കഴിയും കഴിയത്തില്ല കാരണം പ്രപഞ്ചം ദ്വന്ദ്മകമാണ് അത് അങ്ങനെ ഇരിക്കും സുഖം സുഖമായും ഇരിക്കും ദുഃഖം സുഖമായും ഇരിക്കും വെളിച്ചം ഇരുട്ട് അതിനെ ഒന്നിനെ മാത്രം എടുക്കുക അത് ആപേക്ഷികമാണ് വെളിച്ചമുണ്ട് എങ്കിൽ എവിടെയെങ്കിലും കാണും എന്താ ഇരുട്ടിനെ മാറ്റിട്ട് വെളിച്ചം മാത്രം അത് സാധ്യമുണ്ട് കാരണം അതിൻ്റെ സ്വഭാവമാണ് എൻ്റെ രാത്രി വേണമെങ്കിൽ പകലും വരും രാത്രി വേണ്ട പകലും മതിയാൽ സാധ്യമല്ല എന്നെങ്കിലും പകല് വേണമെങ്കിൽ നമുക്കതിന് ദൈർഘ്യം കൂട്ടാം ഒരു ദിവസ പകലല്ല ഒരു വർഷം പകലാക്കാം പക്ഷെ വീണ്ടും ഒരു വർഷം രാത്രി കാത്തിരിക്കുകയും ചെയ്യും ഇത് പ്രപഞ്ച സ്വഭാവമാണ് സംവ്യവഹാര സ്വഭാവമാണ് ഇത് ഭൂമാവിലില്ല അതാ അപ്പോൾ ഇവിടെ നാരദനെന്താണ് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് ക്ലേശങ്ങളൊക്കെ സഹിച്ചു പക്ഷേ ഒരു നിത്യസുഖം സദാസുഖത്തിലിരിക്കുന്നു എപ്പോൾ സുഖത്തിൽ തന്നെ ഇരിക്കണം അതെന്താ സുഖത്തെ നമുക്ക് പരിചയമുണ്ട് സുഖം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വരുന്നു കൈവിട്ട് പോകും അപ്പോൾ ഇതിനങ്ങോട്ട് നീട്ടുക സദാസുഖത്തി ഇരിക്കുക ഇതാണ് അത് സാധ്യമല്ല ഇങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അദ്വൈതത്തിന് നിരക്കുന്ന കാര്യമില്ല ആർക്കും സദാ സുഖത്തിയിരിക്കാവും കാരണം ഒരാൾ കുറച്ച് സമയം സുഖത്തി ഇരുന്നാലും അടുത്തയാളെ ദുഃഖം കാത്തിരിപ്പുണ്ട് എന്തുകൊണ്ടത് പ്രപഞ്ചമാണ് ദ്വന്ദ്മാണ് ദ്വന്ദ്ത്തിന്റെ ഒരു ഭാഗമാണ് ഒരു നാണയത്തിൻ്റെ ഒരു ഭാഗം മാത്രം കാണും പ്രപഞ്ച സ്വഭാവമാണ് അതിനെ മാറ്റാൻ സാധ്യമല്ല അപ്പം അതൊക്കെ അങ്ങനെ ഒരു സുഖം ദീർഘസുഖം അതാണ് സമാധിയെ ആഗ്രഹിക്കുന്നത് സമാധിയിലിരുന്ന് കഴിഞ്ഞാൽ ദീർഘസുഖമാണ് ശരിയാണ് സമാധിയിലിരുന്ന് കഴിഞ്ഞാൽ സമാധിയിലിരിക്കുന്നിടത്തോളം സുഖമാണ് പക്ഷേ ഏതുവരെ ഇരിക്കാൻ പറ്റും അങ്ങേറ്റം പോയാൽ ഈ കല്പത്തിന്റെ അന്ത്യം വരെ ഇരിക്കാം അത് കഴിഞ്ഞാൽ വിധാനം എന്ന് പറയുന്ന അവസ്ഥ എന്തായാലും വരും അത് കഴിഞ്ഞാൽ പിന്നെ പ്രളയം പ്രളയം കഴിഞ്ഞ് വീണ്ടും വിധാനം വീണ്ടും സമാധിയിലേക്ക് പോകണം അപ്പോൾ അങ്ങനെ ഒരവസ്ഥയില്ല നമ്മളീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖമോ അല്ലെങ്കിൽ ഇതിനെക്കാളും ഒരു സുഖമോ നിരന്തരം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ സ്വാമി അഭിനയിക്കും എപ്പോഴും സുഖത്തിലാണ് സ്വാമിയുടെ ഉള്ളിൽ നോക്കിയാൽ അറിയാം അവിടെ സുഖമാണോ ദുഃഖമാണോ എന്നുള്ളത് ഭക്തന്മാരെ കാണിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ഭാവിച്ചിരിക്കും പഞ്ചസാര വഴിച്ചുകൊണ്ടിരിക്കും പോലെ അല്ലാതെ അതൊരു വെറും ഭാവന കൽപ്പന മാത്രമാണ് കാരണം സാധ്യമായ കാര്യമല്ല ഇതിൻ്റെയൊക്കെ ദൈർഘ്യം കൂട്ടാമെന്നുള്ള അല്ലാതെ ഇതിലിരിക്കാൻ സാധ്യമല്ല വ്യവഹാരത്തിലേക്ക് വന്നോ എന്ത ഉള്ള എന്താണോ ഈ സുഖം ഈ ദുഃഖം ഇതിനീതമായ അവസ്ഥയിലേക്ക് പോവുക അത് പറ്റും അതീ സുഖമല്ല സുഖത്തിന് ദുഃഖത്തിനുപരിയായി ദ്വന്ദ്വാതീത എന്ന് പറയുന്ന അവസ്ഥ അത് സാധിക്കും അവിടെ രണ്ടിനും സ്ഥാനം കൊടുക്കുന്നുണ്ട് സുഖത്തിനും കൊടുക്കുന്നുണ്ടോ ദുഃഖത്തിനും കൊടുക്കുന്നുണ്ടോ അല്ലാതെ അതിവിടെ വ്യക്തമാക്കൂള്ളൂ പ്രതീക്ഷിക്കുന്ന അതല്ല സുഖം ആനന്ദം എന്നെല്ലാം പറയും അത് എന്താണ് അതെന്താണ് തസ്മ സംസാര വ്യവഹാരവും ഭൂമിനി നസ്തി അപ്പം ഇവിടെ അങ്ങനെ ഈ സുഖവും ദുഃഖവും സംസാര വ്യവഹാരമാണ് മാനാപമാനം ശീതോഷണം സുഖ ദുഃഖം സംസാര വ്യവഹാരം സുഖം നീ ആഗ്രഹിക്കുന്നു ദുഃഖം വേണ്ട എന്ന് പറയുന്നു പക്ഷെ അതെന്താണ് അത് ധരിക്കുന്നത് പോലെയല്ല അത് ഭൂമാവാണ് ആ സുഖം സ്വസ്വരൂപമാണ് ആ സുഖം എന്നാൽ ഇവിടെ നാരതിനെ ബോധ്യപ്പെടുത്തുന്നത് അങ്ങനെ സ്വസ്വരൂപത്തെ അതുകൊണ്ടെന്താ പ്രയോജനം നീ സുഖത്തെ പ്രതീക്ഷിക്കത്തില്ലാംക്ഷതി ഇതൊക്കെയാണ് ഗീതയിൽ പറയുന്നത് അല്ല ഗീതന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഗീതയിൽ വരുന്നത് ശാന്തത്തിന്റെ സ്വാധീനം കാശതി അത് എത്ര അവിദ്യാവിഷയേ അന്യോ അന്യേന അന്യത് പശ്യതീരി തൽപ്പം അവിദ്യകാല ഭാവി ബാക്കിയുള്ളതല്ല അഥ എത്ര അവിദ്യാവിഷയൽ അവിദ്യാ വിഷയ ജാഗ്രത എടുത്താൽ മതിയോ അന്യേന അന്യത് പശ്യ ഏതവസ്ഥയിലായാലും ശരി നിങ്ങളെ ജീവൻ മുക്തി എന്ന് പറഞ്ഞാലും തത്വജ്ഞാനം എന്ന് പറഞ്ഞാലും ഏതവസ്ഥയിലായാലും അന്യോ അന്യേന അന്യത് പശ്യത് ഇതാണ് വ്യവഹാരം വ്യവഹാരമുണ്ടോ അവിടെ ഇത് സംഭവിക്കും അന്യൻ ജീവൻ അന്യേന ആ ജീവന്റെ കർണങ്ങളെ കൊണ്ട് അന്യ വിഷയങ്ങളെ കാണും ഇതാണ് ഇതാണ് വ്യവഹാരം പറയുന്നു ഒരു ജീവൻ എന്റെ വ്യവഹാരം ഇതാണ് ഇതാണ് ഭാഷകാരൻ നമ്മൾ പറഞ്ഞു അത് സത്സമ്പത്തി സത്സമ്പത്തി എന്ന് പറയുന്നത് ശരിക്കും എവിടെ സംഭവിക്കത്തുള്ളു ഈ ശരീരനാശത്തിൽ ജീവനാശത്തിലേ സംഭവിച്ചു അത് മുമ്പ് അത് വിശദീകരിച്ചു അപ്പോഴേ ഉള്ളൂ സത്സമ്പത്തി അതിന് അവിടെ പക്ഷികാരൻ ഉദാഹരണമെല്ലാം പറഞ്ഞു അസ്ത്രത്തിന്റെ ഉദാഹരണം പോയി കഴിഞ്ഞാൽ അത് പൊയ്ക്കൊണ്ടേയിരിക്കും ലക്ഷ്യം ഭേദിച്ചാലും വീണ്ടും സഞ്ചരിച്ചെന്ന് വരി എന്തായാലും അത് എന്റെ അവസാനം എന്ന് പറയുന്നത് ഈ ജീവഭാവത്തിന്റെ നാശം ശരീര നാശം അവിടെ സംഭവിച്ചു മരണം എന്നർത്ഥം അതുവരെ ഉള്ളതെല്ലാം എന്താണ് ദ്വന്ദ് വ്യവഹാരമാണോ തത്വജ്ഞനും അച്ഛനും തമ്മിൽ വ്യത്യാസം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതെല്ലാം ഉണ്ട് പക്ഷെ അത് നമ്മുടെ ഭാവനയെ കാണുന്ന വ്യത്യാസങ്ങളെന്ന് പറഞ്ഞു ശാസ്ത്രീയമായി അവിടെ ചർച്ച ചെയ്യുന്നത് ഭാവനയ്ക്കുന്ന സ്ഥാനമാണ് വ്യവഹാരത്തിൽ ദുന്ദമില്ലെന്ന് പറഞ്ഞു സംസാര ഈ ജീവഭാവം ഉള്ളിടത്തോളം കാലം ഉണ്ടാവും അതിന് വ്യവഹാരത്തിൽ ഇല്ലാതാക്കാൻ വ്യവഹാരത്തേല്ല കാരണം നമ്മുടെ മുമ്പിൽ കാണുന്ന വസ്തുക്കൾ എന്താണ് പല വർണ്ണങ്ങൾ രക്തം നീലം പീതം ഇങ്ങനെ പല വർണ്ണങ്ങൾ ഈ വർണ്ണങ്ങൾ ഇരളാണെങ്കി എന്തു ചെയ്യും മറിഞ്ഞു വെളിച്ചം വന്നാലോ ഓരോ വർണ്ണത്തെ അതായി കാണിക്കും എന്താ വെളിച്ചത്തിന് ഈ വർണ്ണങ്ങളെ മാറ്റിമുറിക്കാൻ പറ്റും പറ്റത്തില്ലല്ലോ വെളിച്ചത്തിനൊരിക്കലും നീലെ പീതമാക്കാൻ പറ്റത്തില്ല പീതെ ഹരതമാക്കാൻ പറ്റത്തില്ല അന്ന് സാധ്യമുണ്ട് വിളിച്ചതെന്ന് പറയുന്നത് ഇതിന് എന്താണോ ഉള്ളത് അതിനെ ഉള്ളതുപോലെ പ്രകാശിപ്പിക്കുക അതേപറ്റും തത്വജ്ഞാനത്തിനും അതേ കഴിയും വസ്തു സ്വഭാവത്തെ മാറ്റിമറിക്കാൻ പറ്റത്തില്ല അതും മാറ്റിമറിക്കണമെങ്കിൽ ഒന്നുകിൽ സുഷുപ്തിയിലേക്ക് പോകണം അല്ലെങ്കിൽ പരിശ്രമിച്ച് സമാധി പോണം പറഞ്ഞു സമാധി സുഷുപ്തി മൂർച്ഛ സമാധി ഇങ്ങനെയുള്ള അവസ്ഥകളിൽ വസ്തു സ്വഭാവം പ്രകടമാകുന്നു ഒന്നും അറിയുന്നില്ല സീതവും തണുപ്പും അറിയുന്നില്ല ഉഷ്ണവും അറിയുന്നില്ല സീതവും ഉഷ്ണവും അറിയുന്നില്ല അല്ലാതെ ജാഗ്രതത്തിലേക്ക് വരുമ്പോ ഈ അവിദ്യാവസ്ഥയും ഇതൊക്കെ ഇതുപോലെ ഞാനും ഇതിനെ മാറ്റിമറിക്കുന്നു അത എത്ര അവിദ്യാ വിഷയോ വിഷയേ അന്യോ അന്യേന അന്യരീതി തത് അല്പം അവിദ്യകാല ഭാവി പക്ഷേ തത്വജ്ഞനെ സംബന്ധിച്ചെന്താ വ്യത്യാസം ഈ ബോധമായക്കല്ല തതല്പം ഇതല്പമാണ് അവിദ്യാകാല ഭാവി ഇത് അവിദ്യകാലത്തുള്ളതാണ് ഈ ജാഗ്രതാവസ്ഥയിലുള്ളതാണ് ഇത്തരത്തിലുള്ള ജ്ഞാനം ഇതിനെ സംബന്ധിച്ചുള്ള വിശേഷജ്ഞ അതുകൊണ്ട് ആ ജീവന് വിശേഷത അതുകൊണ്ട് വരുന്നൊരു ശാന്തി സുഖമൊക്കെയുണ്ട് ഭൂമാരൂപത്തിലുള്ള സുഖം അല്ല ജ്ഞാനം ശാന്തി മധികച്ചതി എന്നെല്ലാം പറയുന്നത് ജ്ഞാനം തരുന്ന ഒരു ശാന്തി അതാണ് അജ്ഞനിൽ നിന്ന് ജ്ഞാനിയെ വരതിരിക്കുന്നത് അത് വ്യവഹാരത്തിന്റെ നിലയിൽ വ്യവഹാരത്തിന്റെ നിലയിൽ ഇത് ഒരുപോലെ തന്നെയാണ് റിവിന് വ്യത്യാസമുണ്ടെന്ന് അറിവെപ്പോഴും വ്യത്യാസമുണ്ട് ഈ പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നു മനസ്സിലാക്കുന്നു വായിച്ച് മനസ്സിലാക്കുന്നു വായിച്ചു മനസ്സിലാക്കുന്നവനും ഇത് വായിച്ചു മനസ്സിലാക്കാൻ എടുത്തവനും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് എന്താ വ്യത്യാസം അറിവിന്റെ വ്യത്യാസം ഇതിന് ഇന്നതാണ് ഇതിന്റെ വിഷയം എന്ന് ഒരാൾ അറിയുന്നു വേറൊരാൾ അറിയുന്നില്ല അറിവിൽ വരുന്ന വ്യത്യാസമുണ്ട് അറിവ് എവിടെയാ ജീവനിലാണ് അപ്പം ജീവനിലിരിക്കുന്ന അറിവിൽ അറിവുകൊണ്ട് ജീവന് വരുന്ന വ്യത്യാസം ആ ഭേദം അതല്ലാതെ ഈ വ്യവഹാരാവസ്ഥയും തത്വജ്ഞാനാവസ്ഥയും വ്യവഹാരത്തിന്റെ നിലയിൽ മാറ്റമൊന്നുമില്ല ഇത് ഭക്ഷ്യകാലം പറഞ്ഞ് പശുവാതി വിശേഷം ഓർക്കണം അവിടെ എന്താ പറഞ്ഞത് എന്നാൽ ഇത് മനസ്സിലാവും തതൽപ്പം അവിദ്യകാല ഭാവി ഇതിന് തുച്ഛമായി ഗ്രഹിക്കുന്നതിന് ഇത് കേവലം അവദ്യാകാലത്തിൽ സംഭവിച്ചിരിക്കുന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അല്ലെങ്കിൽ ആ മനസ്സിലാക്കലാണ് ഞാൻ ആ സുഖത്തെ സംബന്ധിച്ച് സാധാരണമുള്ള ഒരാൾ എല്ലാവരും സുഖത്തെ അന്വേഷിക്കുന്നു അതുകൊണ്ട് അർത്ഥമറിയാതെ പറയുന്നതാണ് എല്ലാ പ്രാണികളും സുഖത്തെ അനുഭവിക്കുന്നു പക്ഷെ സുഖം കിട്ടുന്നുണ്ട് അസുഖം ക്ഷണികമാണ് നമ്മൾ നിത്യമായ സുഖത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ സങ്കല്പം പിന്നെ നമ്മളെപ്പോഴും നിത്യമായൊരു സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നിത്യമായ സുഖം ഒരുക്കുന്ന അനുഭവിച്ചല്ല അതിനുമ്പോൾ വരുന്നത് ബുമാ അങ്ങനെയൊരു സുഖത്തെ അനുഭവിച്ചു പറ്റത്തില്ല ഉപനിഷത്ത് പഠിച്ചെന്നോ ആശ്രമത്തിൽ പോയെന്നോ മന്ത്രം ജപിച്ചെന്നൊന്നും പറഞ്ഞാൽ സാധ്യമല്ല എന്തുകൊണ്ട് ഇവിടെ പറയുന്നു തൽപ്പം അവിദ്യാകാല ഭവിയാണ് അവിദ്യാകാലഭാവത്തിൽ അത് ഉള്ളതാ അതിനില്ലാതാക്കാൻ പറ്റത്തില്ല ഇനി ഒരാള് ദീർഘകാലം സുഖത്തെ അനുഭവിച്ചിരിക്കുന്നു എന്ന് എന്തെങ്കിലും അഭ്യാസം ചെയ്തിട്ട് യോഗാഭ്യാസമോ അങ്ങനെ എന്തെങ്കിലും ഒരു അഭ്യാസം ചെയ്ത് അയാള് അങ്ങനെ സുഖത്തെ അനുഭവിക്കുന്നു അതും എന്താണ് തുച്ഛമാണ് അനന്തമായ കാലത്ത് അയാളൊരു ആയിരം വർഷം എന്ന് പറയുന്നു പുരാണങ്ങളൊക്കെ പറയും ഒരു ഒരു ഋഷി പതിനായിരം വർഷം ഇങ്ങനെ സമാധിയിലിരുന്നു സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരുന്നു പിന്നെ അടുത്ത ദിവസം രാവിലെ മായിൽപ്പെട്ടുപോയി പതിനായിരം വർഷം വ്യർത്ഥമായി ഞാൻ കറങ്ങി അത്രയും കാലം ഇരുന്നാലും ശരി ചില കുറിച്ച് പറയാം ഒരു കല്പാന്തം വരെ ഇങ്ങനെ സുഖത്തിയിരിക്കുന്നു പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും സുഖം കൈമോശം വരുന്നു അപ്പോൾ അത് അല്ല ഇവിടെ സുഖം എന്ന് പറയുന്നു അങ്ങനെ ഒരു സുഖമല്ല അതിന് വ്യത്യാസമുണ്ട് ഒരാൾ തത്വ സഞ്ചായത സുഖം ഒരാൾ അന്ധക്കരണത്തിൽ സാത്വികമായ ഭാവങ്ങൾ കൂടുതലാണെ ശുദ്ധത കൂടുതലാണെങ്കിൽ അവർക്ക് കൂടുതൽ സുഖത്തെ അനുഭവിക്കാൻ പറ്റും രാജസ്വ താമസ മിശ്രമായി വരുന്ന ദുഃഖങ്ങളെ ഒഴിവാക്കി കൂടുതൽ സുഖത്തിലൊക്കെ ഇരിക്കാൻ പറ്റും അതൊക്കെ ശരിയാ സുഖം അതല്ല ഭൂമാവാണ് എന്നുവെച്ചാൽ ജീവൻ അനുഭവിക്കുന്ന സുഖത്തെക്കുറിച്ചല്ല പറയുന്നത് അതെ ജീവന്റെ സ്വരൂപമായ സുഖത്തെക്കുറിച്ചാണ് എന്നാണ് പിന്നെ ഇതുകൊണ്ട് എന്താ പ്രയോജനം ഇത് പ്രയോജന ചിന്തയുടെ അടിസ്ഥാനത്തിൽ പോകുന്ന പ്രയോജനം ഇന്ന് വ്യവഹാരത്തിലാണ് നമ്മൾ പ്രയോജനം എന്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എന്ത് കിട്ടും ഇത് ചെയ്താൽ എന്ത് കിട്ടും എന്ത് നേടും ഇതങ്ങനെ ഇത് അപ്രാപ്തമായി ഒന്നിനെ പ്രാപിക്കുന്ന നിത്യാപ്തമാണത് എന്ന് ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ അങ്ങനെ പ്രയോജന ഇന്ത്യയിലല്ല ഇനി പ്രവർത്തിക്കുന്നത് വ്യവഹാരത്തിൽ പ്രയോജനം എന്തായാലും നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് എന്തെങ്കിലും നേടണം എന്തെങ്കിലും ലാഭം വേണം സദ്ലാഭം എന്ന് പറയുന്നത് അങ്ങനെയുള്ളത് സുസ്വരൂപമാണ് പിന്നെന്താ ഇതിനെ സംബന്ധിച്ചുള്ള ഇത്തരം മിഥ്യാധാരണകളെ ഇല്ലാതാക്കുക അത്രയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ മിഥ്യാസങ്കല്പങ്ങളെ ദൂരീകരിക്കാൻ അഥയത്ര അവിദ്യാ വിഷയം അൽപ്പം യഥാ സ്വപ്നദൃശ്യം വസ്തു പ്രാഗ് പ്രബോധ തത്കാല ഭാവി അങ്ങനൊരു ഉദാഹരണം പറയുന്നത് എന്താണ് സ്വപ്നം ദൃശ്യം വസ്തു സ്വപ്നത്തിൽ പലതും കാണുന്നു പ്രാഗ് പ്രബോധ പക്ഷെ ഉള്ളതിന് ശേഷം മനസ്സിലാക്കുന്നു ഇത് ഉണരുന്നത് വരെ തത്കാല ഭാവി അവിടെ ഉണ്ടായിരുന്നു അവിടെ എന്താ ഉണ്ടായിരുന്നു അത് ഏത് കാലമാണ് ഒന്നുമില്ലല്ലോ വരും തുച്ഛമല്ലേ സ്വപ്നം എന്ന് പറയും ജാഗ്രതയിലിരുന്നുകൊണ്ട് തർപ്പിച്ചു പറയാൻ എന്താണോ വരും തുച്ഛമാണ് അവിടെ ഏത് കാലം പക്ഷെ അവിടെ ദീർഘകാലം അനുഭവിച്ചു പക്ഷെ ജാഗ്രത പറയുന്നു അതെല്ലാം പ്രാക് ണർവിന് മുമ്പ് എല്ലാം സ്വപ്നത്തിൽ സുഖത്തെ ആഗ്രഹിച്ചു സ്വപ്നത്തിൽ സുഖത്തിന് യത്നിച്ചു സ്വപ്നത്തിൽ സുഖം വ്യത്ഥമാണെന്ന് മനസ്സിലാക്കി സ്വപ്നത്തിൽ സമാധിയിൽ സുഖത്തെ അനുഭവിച്ചു ഒരു കൽപ്പാന്തം വരെ ഇരുന്നു എന്തൊക്കെ ചെയ്താലും ശരി ജാഗ്രതയിലൊന്നും ഒരു വിലയില്ല അതിന് തുച്ഛമെന്നല്ല വേറൊന്നും പറയാൻ അങ്ങനെയാണെങ്കിൽ സ്വപ്നത്തിൽ വയറും നിറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രത പിന്നെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം വരണ്ട അങ്ങനെ സ്വപ്നത്തിൽ എന്ത് വലിയ സുഖം അനുഭവിച്ചാലും എന്തൊക്കെ അനുഭവിച്ചാലും അതെല്ലാം വ്യർത്ഥം പ്രബോധത്തിൽ പിന്നെ എന്താണ് അവിടെ ഒന്നേ ഉള്ളൂ ആ സ്വപ്നം കണ്ടവൻ സ്വപ്നത്തിന്റെ സ്വരൂപം എവിടെയാണോ ആ സ്വപ്ന ദൃശ്യങ്ങൾ മാറി മറിഞ്ഞത് അതുണ്ട് അത് മറ്റൊന്നുണ്ട് ബാക്കിയെല്ലാം ജാഗ്രത സർവവും പോകുന്നു ജാഗ്രതത്തിൽ സ്വപ്നദിഷ്ടാവ് മാത്രം ശേഷിക്കുന്നു അതുപോലെ ഈ ജാഗ്രധിഷ്ടാവ് അത് മാത്രം ശേഷിക്കുന്നു അത് മാത്രം പരമാർത്ഥം അത് മാത്രം സുഖം എന്നാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് ഇതിനെ വിശദീകരിക്കുന്നത് സ്വപ്നദൃശ്യം വസ്തു പ്രാക് പ്രബോധ തത്കാലി തദ്വത് തന്മർത്ഥ്യം വിനാശി സ്വപ്നവസ്തുവതേവരീത ഭൂമ യഹ തദ്മൃതം പറയുന്നു ത്മർത്ഥ്യം വിനാശി അതുകൊണ്ട് സ്വപ്നം അത് വിനാശിയും ജാഗ്രതത്തിൽ ഉറപ്പാണല്ലോ അത് വിനാശി മർദ്ധ്യം നശിച്ചു പോകുന്നതാണോ അപ്പോ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പൊ അറിയുന്നുള്ളൂ മർദ്ധ്യം വിനാശി എന്ന് എല്ലാം അവിടെ ജാഗ്രതയിൽ ഉറപ്പ് വരുന്ന അവിടെ സ്വപ്നദ്രഷ്ടാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അതിപ്പോഴും ഉണ്ട് അധ ദൃശ്യമോ വേറിട്ടൊരു ദൃശ്യം ഉണ്ടായിരുന്നില്ല ആ ദ്രഷ്ടാവിൽ നിന്ന് വേറിട്ടൊരു ദൃശ്യമുണ്ടായില്ല ആ ദൃഷ്ടാവ് തന്നെയാണ് അപ്പോ ദൃശ്യരൂപത്തിലിരുന്നത് വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നെന്നുള്ള തോന്നുന്നതിനെ നിഷേധിക്കുകയാണ് മിഥ്യ അങ്ങനെയില്ല ദഷ്ടാവും ദർശനവും ദൃശ്യവുമായെല്ലാം ആ ഭൂമാവ് മാത്രമാണ് ഉണ്ടായിരുന്നത് മറ്റൊന്നുകിൽ അത് മാത്രം അല്ലെങ്കിൽ സർവവും അത് തന്നെ അതാണ് ഇവിടെ പറയുന്നത് തത്വ തദൈവ തന്മർത്ഥ്യം വിനാശം പറയാം സ്വപ്ന വസ്തുവ അതുപോലെ തന്നെ തത്വജ്ഞാനിയുടെയും നിലപാട് ജാഗ്രത സംബന്ധിച്ച് ജാഗ്രത മിഥ്യെന്ന് പറയുന്ന ആ അർത്ഥത്തിലാണ് സ്വപ്ന മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താണോ അത് സ്വപ്നദൃഷ്ടാവ് തന്നെ വേറെ അവിടെ എന്താ രണ്ടാമത് കുതിരയാന വന്നോ വന്നില്ലല്ലോ വന്നേ ഇല്ലെങ്കിൽ പിന്നെ ആരാണ് അവിടെ മിഥ്യയായി പിന്നെ അങ്ങനെ ഒരു പ്രതീതി ഒരു തോന്നൽ അത് നമുക്ക് അംഗീകരിക്കാൻ വയ്യ അതൊക്കെ വാസ്തവത്തിൽ സംഭവിച്ചു അതുകൊണ്ടാണ് അതിന് മിഥ്യ എന്ന് പറയും വാസ്തവത്തിലാദർഷ്ടാവ് മാത്രമേ ഉള്ളൂ ജാഗ്രത വ്യക്തമായും ബോധ്യപ്പെടുന്നു രണ്ടാമതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഇന്ദ്രിയങ്ങളില്ല ഈ മനസ്സില്ല ഈ കർണങ്ങളില്ല ഒന്നും ഇവിടെ ഇല്ല ദാവ് മാത്രം എന്നാൽ അത് തന്നെ സർവമാകുകയും ചെയ്തു ആ ദഷ്ടാവ് തന്നെ സർവവുമായി മാറുകയും ചെയ്തു അതുപോലെ ഈ ജാഗ്രത്വം അത്രയുള്ളൂ ഇത് തന്നെ സർവവുമായിരിക്കുന്നു അതാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത് തത്വജ്ഞാനത്തിൽ എന്താണ് സ്വപ്ന വസ്തുവദേവ് അതാണ് ഇതാണ് ഇതും സ്വപ്ന ദൃശ്യം പോലെ തന്നെ ഇവിടെയും ദൃഷ്ടാവ് മാത്രമേ ഉള്ളൂ ഇവിടെയും ദുഷ്ടാവിൽ നിന്ന് വേറിട്ട ദൃശ്യമില്ല അല്ല വേട്ട നിങ്ങൾക്കത് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതും മിഥ്യ അത് പരമാർത്ഥമല്ല അടുത്ത ഭാഷകാരൻ വ്യക്തമായി പറയും എന്താ ഈ ഒരു ആകാരം ഈ ഒരു പ്രതീതി അതിനെയാണ് ഇവിടെ മിഥ്യ എന്ന് പറയുന്നത് അല്ല മിഥ്യ എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടായിട്ടല്ല അത് ഇതിനെ തന്നെ സത്യം തന്നെയാണ് മിഥ്യയായിരുന്നത് സത്യത്തിൽ നിന്ന് വേറിട്ടവിടെ ഒരു മിഥ്യ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടെന്താണ് ഇത് സത്യം തന്നെ രജ്ജുവിടെ സർപ്പൻ രജ്ജു തന്നെ സ്വപ്നത്തിലെ ദൃശ്യങ്ങളെല്ലാം ആ ദഷ്ടാവ് തന്നെ എല്ലാം സത്യമായിരുന്നു എല്ലാം പരമാർത്ഥമായി എന്നാലും എന്തോ ഒന്ന് സംസാരം ബന്ധനം എന്നെല്ലാം വിവഹരിക്കുന്ന എന്തോ ഒന്നൊരാകാരം ഒരു പ്രതീതി അതിന് കൊടുക്കുന്ന പേരാണ് മിഥ്യ അതിനുടേയും പറയുന്നത് സ്വപ്ന വസ്തുദേവ തദ്വിപരീത ഭൂമ എന്ന് പറയുന്നു അപ്പൊ ആ നമ്മുടെ ആ കണ്ണ് മാറ്റിയാൽ ആ ദൃഷ്ടി മാറ്റിയാൽ പിന്നെ ശേഷിക്കുന്നതാണ് ദഷ്ടാവ് മാത്രം അതിപ്പോഴും ഉണ്ടല്ലോ എപ്പോഴും ഉണ്ടല്ലോ അതാണ് ഭുമ സദാമൃതം അതുമാത്രമേ ഉള്ളൂ നശിക്കാത്തത് ബാക്കിയെല്ലാം നശിക്കുന്നതാണ് നമ്മുടെ പ്രതീതികൾ ഭാവനകൾ ഇതൊക്കെ നശിക്കുന്നുണ്ട് താൻ നശിക്കുന്നില്ല അതാണ് ഭൂമ എന്ന് പറയുന്നത് ആ തത്വത്തെ ഇവിടെ പരമാവധി വെളിപ്പെടുത്തുകയാണ് തദ്ശ്ദോ അമൃതത്വ പരഹ ഇവിടെ പറയുന്നു തതൽപ്പം യോവൈ ഭൂമോ തത് അമൃതം എത്ര നേരത്തെ പറഞ്ഞാൽ അന്യത് പശ്യതി അന്യ ശ്രുണോതി തത് അധ ഭൂമ തത് അമൃതം ആ ഭൂമ ആ പരമാത്മസ്വരൂപം അത് നശിക്കുന്നതല്ല അമൃതമാണ് ഈ പ്രതീതിയെല്ലാം മാറിയാലും നശിച്ചില്ലല്ലോ സ്വപ്നത്തിലെ അപ്രതീതികളെല്ലാം മൃതമായി പക്ഷെ ജാഗ്രതത്തിലേക്ക് വന്നപ്പോഴോ സ്വപ്നദൃഷ്ടാവ് അമൃതമായിരിക്കുന്നു ഇനി ജാഗ്രതയിലെ ഈ പ്രതീതികളെല്ലാം സ്വപ്നത്തിൽ ചെന്നപ്പോൾ മൃതമായി ഈ ജാഗ്ര ദാവ് അമൃതമായിരിക്കുന്നു സത്ര ഹേവൻ ലക്ഷണോ ഭൂമാ ഹേ ഭഗവൻ കസ്മിൻ പ്രതിഷ്ഠിത ഇവിടെ ഈ അതങ്ങനെ ചോദിക്കാൻ കാരണം ഈ ഭൂമാവിനെ ഇങ്ങനെയൊക്കെ വർണ്ണിച്ചു പക്ഷേ ഈ പറയുന്നു ഭൂമൈവ സുഖം അത് സുഖമാണെന്ന് ഈ സുഖമാണെന്ന് പറയുന്നിടത്താണ് വീണ്ടും ആശക്കൊടുക്കുമ്പോൾ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖത്തെ അനുഭവിക്കാൻ ഒരുപം വേണം സുഖത്തിന് ഉടമസ്ഥൻ വേണം സുഖത്തെ അനുഭവിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ വേണം ഇതൊന്നുമില്ലാതെ ആ സുഖം അതാ ഉടൻ ചോദിക്കുക അതുകൊണ്ടെന്താ പ്രയോജനം അങ്ങനെ ഒരു സുഖം അനുഭവിക്കാൻ കഴിയാത്ത സുഖം സ്വരൂപമായ സുഖം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ ഇതുകൊണ്ടെന്താ നേട്ടം ഈ വേദാന്ത ശ്രവണ മനനങ്ങളൊക്കെ ചെയ്തിട്ട് എന്താ പ്രയോജനം നമ്മൾ ചിന്തിക്കുന്നത് പ്രയോജനത്തെക്കുറിച്ചാണ് എന്ത് നേടാനാണ് എന്നാ ചോദിക്കുന്നു നേടേണ്ടോ ഒന്നല്ല ഇതൊരു ഫലമല്ല അതുകൊണ്ട് ഇതൊന്നിൻ്റെയും പ്രയോജനമല്ല എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് പക്ഷെ നമ്മുടെ വ്യവഹാര ബുദ്ധി എപ്പോഴും പ്രയോജനത്തെ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് അതിന് എന്നൊക്കെ പറയുന്നത് പുരുഷയിലർത്ഥിയതേ പ്രാർത്ഥിയതേ എനിക്ക് നേടണം എന്ന് പറഞ്ഞ് പുരുഷൻ ജീവൻ ആഗ്രഹിക്കുന്നതാണ് പുരുഷ ഇതങ്ങനെ ആഗ്രഹിച്ച നേടുന്നതല്ല അങ്ങനെ നേടാമെന്നുള്ള ഒരു പുരുഷാർത്ഥം എന്തായാലും ഇത് പുരുഷസ്വരൂപമാണ് പക്ഷെ ഇങ്ങനെ ചോദിക്കും ഇത് സുഖമാണ് വലിയ സുഖമാണ് സ്വരൂപസുഖമാണ് അതെന്തിനെ ആശ്രയിച്ച് എവിടെ നിലനിൽക്കുന്നു എന്നുവെച്ചാൽ ഇതെങ്ങനെ നേടാർ ഹേമൻ ലക്ഷ്മണ ഭൂമ ഹേ ഭഗവൻ കസ്മിനും പ്രതിഷ്ഠിത ഈ പറയുന്ന ഭൂമ സുഖം െന്തിനെ ആശ്രയിച്ചിരിക്കുന്നു വീണ്ടും എങ്ങനെ നേടാം നമ്മൾ സാറിനെ ചിന്തിക്കുന്നുണ്ട് അതെങ്ങനെ പുരുഷാർത്ഥമാകും നമ്പതി നാരദമ്പതി അവസാന സേ മഹിമിനി സ്വമഹിമയിൽ അത് പ്രതിഷ്ഠിതമാണ് ഇതെന്തിനെ ആശ്രയിച്ചിരിക്കുന്നു ഈ സുഖം തന്റെ മഹിമയെ ആശ്രയിച്ചിരിക്കുന്നു സ്വാത്മിയെ മഹിമിനി മഹാത്മി വിഭൂതോ പ്രതിഷ്ഠിതോ ഭൂമായിരി പ്രതിഷ്ഠാ വിച്ഛസി നിർബന്ധമാണിത് അതാണ് അല്ലാതെ അതൊരു തത്വമായതുകൊണ്ടല്ല സഭവസ്മിൻ പ്രതിഷ്ഠ മഹിമിനി യ എന്ന് പറഞ്ഞിട്ട് ഇനി ആ സുഖത്തിന്റെ ഉടമസ്ഥനാകണം എന്ന് നിനക്ക് ആ സുഖത്തെ പ്രാപിക്കണം ആ സുഖം ആരുടെ വകയാണ് എന്നൊക്കെയാണ് യതിവാ എന്നാണ് ഒരു വികല്പം അങ്ങനെ നിനക്ക് ചിന്തിക്കാൻ കഴിയൂ അത് ശ്രുതിയും പറയും ഗുരുക്കന്മാരും അങ്ങനെ പറയും ശ്രുതിയും ഗുരുക്കന്മാരും പറയുന്നത് പലപ്പോഴും സത്യമായിരിക്കത്തില്ല അസത്യവും പറയും കള്ളം പറയും എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തെ എന്തായാലും ശബ്ദം കൊണ്ട് ബോധിപ്പിക്കാൻ കഴിയത്തില്ല ബോധിക്കാൻ ശ്രമിക്കുന്നവന് ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്ന സത്യം പോലും മനസ്സിലാക്കുന്നതിന്റെ യോഗ്യതയില്ലെങ്കിൽ അവന്റെ നിലയിൽ നിന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയുക അത് പരമാർത്ഥമായിരിക്കില്ല തൽക്കാലം അവന് അത് മതി എന്നുള്ള നിലയിൽ ബോധിപ്പിക്കും ആചാര്യന്മാർ ഗുരുക്കന്മാർ സത്യവചസ്സുകളാണ് പക്ഷെ അസത്യത്തെ ബോധിപ്പിക്കും ഒരു ശിഷ്യൻ അതുപോലെയാണ് ഈശ്വതിയും പറയുന്നത് അതിന്റെ മഹിമേ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെവിടെ പ്രതിഷ്ഠിതമായി എന്തൊക്കെയാണ് അതിന്റെ മഹിമ എന്ന് നിനക്ക് അറിയണമെന്ന് നിർബന്ധം പറയാം സത്യമല്ല എന്നാ കാരണം നമ്മൾ ഗുരുവിനോട് ചെന്ന് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കും നമ്മുടെ അല്പബുദ്ധിക്ക് പറ്റിയൊരു ചോദ്യം ചോദിക്കുമ്പോൾ അല്പബുദ്ധിക്ക് യോജിക്കുന്ന രീതിയിലെ മറുപടി പറയാൻ പറ്റും സത്യം പറഞ്ഞാൽ മനസ്സിലാകാത്തണെങ്കിൽ പറഞ്ഞിട്ടെന്താ കാര്യം കാര്യമില്ലല്ലോ അതുപോലെ തന്നെ ഇവിടെ നാരദിനും ചോദിക്കും കാരണം നാരദിനും സുഖം വേണം ദുഃഖം പോകണം അപ്പം ആ സുഖം എങ്ങനെയാണ് അതെവിടെയായിരിക്കുന്നത് സ്വ മഹിമനി സ്വമഹിമയിൽ എന്താണ് മഹിമ മഹാത്മ്യം വിഭൂതി അതിന്റെ തന്നെ വിഭൂതികളിലാണ് ആ സുഖം ഇരിക്കുന്നത് പ്രതിഷ്ഠിതോ ഭൂമ യരി പ്രതിഷ്ഠാതി വീ അതിന് നീ ഒരു പ്രതിഷ്ഠ ആഗ്രഹിക്കുകയാണ് അതിനൊരു അവലംബത്തെ നീ ആശ്രയിക്കുകയാണെങ്കിൽ അത് പറയാം പരമാർത്ഥമേതഭ്യസിച്ചത് ഇനി പരമാർത്ഥമാണെന്ന് ചോദിക്കണമെങ്കിൽ ഇന്ന മഹിം നേ അതതിന്റെ വിഭൂതിയിലേ ഇരിക്കുന്നില്ല പ്രതിഷ്ഠിത അതൊന്നിനെ ആശ്രയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിനക്കങ്ങനെ നേടാൻ പറ്റത്തില്ല അങ്ങനെ നീ നേടിയെടുക്കുന്ന ഒന്നല്ല അതേതെങ്കിലും ഉപാധിയിലൂടെ നേടുന്ന ഒന്നല്ല സുഖം ആ ഭൂമ ഉപാധിയിലൂടെ എന്തുപാധി ബാഹ്യമായ ഇവിടെ എന്തൊക്കെയാണ് മഹിമ സ്വർണവും പണവും പശുവും ഭാര്യയും പുത്രനും ഇതൊക്കെ തന്നെ അല്ലേ സുഖത്തെ സുഖം എവിടെയിരിക്കുന്നു എങ്ങനെ നേടുന്നു ഒന്നാമത്തെ ഉത്തരവ് ഇതൊക്കെ തന്നെയാണ് സുഖത്തിൻ്റെ ഉപാധികൾ ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇതൊക്കെ സുഖമാണ് ഇതിലൂടെ സുഖത്തെ നേടാം എന്തായാലും ശരി പക്ഷേ അതിന്റെ വാസ്തവ സ്വരൂപം നീ അറിയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിലൊന്നിനും അല്ല അത് ഇതിനെ ഒന്നും ആശ്രയിക്കുന്നില്ല അതിനങ്ങനെ ഒരു ആശ്രയമില്ല അത് അതിൻ്റെ മഹിമയെ രണ്ടും പറയുന്നുണ്ട് അല്ലേ പറഞ്ഞോണ്ടോ ആദ്യം എന്റെ ബുദ്ധിക്ക് ഇണങ്ങുന്ന രീതിയിൽ പറയുന്നു ഇവിടെ ആ ഇതിലൊക്കെയാണ് നീ എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് നീ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതിലൊക്കെ സുഖമുണ്ട് ഇഷ്ടപ്പെടുന്നതല്ലേ ആഗ്രഹിക്കുന്നു ഇഷ്ടമൊന്നു തോന്നിയ സുഖമൊന്നും തോന്നിയിട്ടില്ല അനുകൂലം ഒന്നും അപ്പോൾ അവിടെയൊക്കെ സുഖമുണ്ടെന്ന് പറയും അപ്പോൾ അതൊക്കെയാണ് മഹിമ അതിലാണീ ഭൂമസുഖം പരമാർത്ഥം പറഞ്ഞ ഇത് അല്ല ഒരു സാറിന് എന്താണ് ഒരേ ഒരു ആനന്ദം ആനന്ദാദ്വലിമാനി ഭൂതാനി ജയന്തി ജാതാനി ആനന്ദേന ജീവന്തി എല്ലാ ആനന്ദത്തിൽ നിന്നുണ്ടാകുന്നു മധുബ്രാഹ്മണത്തിലും മറ്റുന്നതും എല്ലാ ആനന്ദത്തിൽ നിനകുന്നു ആനന്ദത്തിൽ നയിക്കുന്നു അതുകൊണ്ടെല്ലാം ആനന്ദമാണ് അങ്ങനെ പറയാമത് അതുകൊണ്ട് പറയും എന്താണ് ആനന്ദത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഈ വിഷയം കൂടെ പിറകെ പോകുന്നു ആനന്ദത്തോടൊപ്പം ദുഃഖവും വരുന്നു എന്നെല്ലാം നമ്മൾ സാധാരണ പറയാറുണ്ട് അത് തന്നെ ഇവിടെയും പറയുന്നു സ്വമഹിമ പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ട് പറയുന്നു അല്ല അതിന്റെ അപ്പുറം സത്യം മനസ്സിലാക്കുകയാണെങ്കിൽ അപ്രതിഷ്ഠിതോ അനാശ്രിതോ ഭൂമി ഇത് അനാശ്രിതമാണ് ഈ ഭൂമ ഈ സുഖം ഒന്നിനെ ആശ്രയിച്ചു കിട്ടുന്നില്ല സമാധിയിൽ സുഖം കിട്ടുന്ന ഇവിടെ അതിസൂക്ഷ്മമായ സാത്വികമായ മനോവൃത്തികളെ ആശ്രയിച്ചിട്ടാണ് അവിടെ സുഖം കിട്ടുന്നത് അത് വലിയ സുഖമാണ് വിഷയസുഖങ്ങളെല്ലാം അപേക്ഷിച്ച് വളരെ വലിയ സുഖമാണ് ശ്രേഷ്ഠമായ അവിടെയും ആശ്രദമാണ് ആ ഈ ഭൂമിയുടെ മഹിമാവിൽ ആയിരിക്കുന്ന മനസ്സിനെയൊക്കെ ആശ്രയിച്ച് സുഖം അവിടെയിരിക്കുന്നു അതിനനുഭവിക്കുന്നു പക്ഷെ ഇതെന്താണ് പരമാർത്ഥത്തിലുള്ള അപ്രതിഷ്ഠിത അനാശ്രിത ഭൂമ ഇതപ്രതിഷ്ഠിതമാണ് അനാശ്രിതമാണ് അനുഭവ വിഷയമല്ല അനുഭവിക്കുന്നു എന്നല്ല സ്വസ്വരൂപമാണ് കൊച്ചു തീർ മഹിമിന് പ്രതിഷ്ഠിതോ ഭൂമ കഥം തെറി അപ്രതിഷ്ഠ ഇതെന്താ പരസ്പര വിരുദ്ധമായി പറയുന്നതെന്നാ ചോദിക്കുന്നു അ ബുമാവിനെ കുറിച്ച് പറഞ്ഞു പറയുന്നു അത് സ്വസ്വരൂപമാണ് അത് സ്വമഹിമയിൽ പ്രതിഷ്ഠിതമാണെന്ന് പിന്നീട് പറയുന്നു അപ്രതിഷ്ഠെന്നും പറയും ഇതെന്താ രണ്ടും പറയുന്നു പകലാണോ രാത്രിയാണോ എന്ന് രണ്ടും പറയും പകലുമാണ് രാത്രിയാണെന്ന് പറയൂ ഇതെങ്ങനെ ശരിയാകും ശരിയാകുമല്ലോ അമേരിക്കയിൽ രാത്രിയാണെന്നാ പറഞ്ഞത് ഇവിടെ പകലെന്നാ അതുപോലെ ഇത് രണ്ടവസ്ഥെടുത്തുകൊണ്ടാണ് പറയുന്നത് പെട്ടെന്നൊന്നും പറഞ്ഞാൽ അബദ്ധമാണ് പരസ്പര വിരുദ്ധമാണ് പക്ഷെ ചിന്തിച്ചാൽ ശരിയാ ഇവിടെയോ ഇപ്പൊ രാത്രിയാണ് ഇവിടെ ഇപ്പൊ പകലാണെങ്കിലും അതുപോലെ ശർണ്ണു മനസ്സിലാക്കൂ എന്താണ് ഗോ അശ്വാദി മഹിമ ത്യാജക്ഷത മഹിമ പറയുന്നത് നീ അനുഭവിക്കുന്നെ ഈ ഭൂമാവിന്റെ മഹിമ നീ എന്തിനെയൊക്കെയാണ് സുഖത്തിനാശ്രയിക്കുന്ന ഗോ അശ്വാദി ാണ് ആശ്രയിക്കുന്നത് ഇതൊക്കെ തന്നെ ഇതിൻ്റെ മഹിമ ആനന്ദത്തിൽ നിന്നുണ്ടായതെല്ലാം ആനന്ദമാണ് അതെല്ലാം ആനന്ദത്തെ കൊടുക്കും അത് ആനന്ദത്തിൽ നിന്നുണ്ടായത് ആനന്ദമല്ലാതാവും മണ്ണിൽ നിന്നുണ്ടായ പാത്രം മണ്ണല്ലാതെയാവും ഒരു തരത്തിൽ പറഞ്ഞാൽ അതാണ് ഇത് രാത്രിയാണെന്ന് പറയുന്നത് ശരിയാണ് ഒരു തരത്ത് പ്രത്യക്ഷത്തിന് വിരുദ്ധമാണ് ശരിയാണ് എങ്കിലും അതിനൊരു അതിനൊരു ആ പറച്ചിന് ഒരു അർത്ഥമുണ്ട് ഇവിടെ രാത്രിയാണ് അതുപോലെ ഭൂ അശ്വാദി ഇവിടെ അനുഭവിക്കുന്നുണ്ടല്ലോ അത് തന്നെ ഈ ഭൂമാവിന്റെ മഹിമ ആ സുഖം അശ്വാസ്ഥോ അത് ശ്രുതി എന്നെ പറയണല്ലോ ഭാഷകാലം പറയണ്ട ഭൂശ്വമിഹ മഹിമീ തൃജു ഹസ്തി ഹിരണ്യന്താസഭാ ക്ഷേത്രാണി ആയുധനാനി ഇതൊക്കെ മഹിമ ഇതൊക്കെ എന്താണ് സുഖം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും നേടിയ ഇതുപോലെ ഈ ഭൂമാവിനെ നേടി സൂചിച്ചിരുന്നള്ളന്ന് വിചാരിക്കും അതല്ല ഭൂമാവ് സർവത്ര ഗവാസ്വാദി മഹിമേലി പ്രസിദ്ധം ഇതാണ് മഹിമ ൂമ മഹിമ ഇതെല്ലാം സ്വാധീനം നമ്മൾ ആനന്ദം തരുമെന്ന് കരുതുന്നത് ആനന്ദം തരുന്നത് ഇന്നതാണെന്ന് നിശ്ചയിക്കാൻ പോയി സദാചാരം സദ്വൃത്തനായിരിക്കുന്നവന് ആനന്ദം കൊടുക്കുന്നില്ല ദുരാചാരൻ ദുർവൃത്തനായിരിക്കുന്നവൻ ആനന്ദം കൊടുക്കുന്നത് ഇന്നതിന് ആനന്ദം തരാവുന്നില്ല കാരണം ഇവിടെ എല്ലാ ആനന്ദമയമാണ് അപ്പൊ ഏതിനൊന്നും കിട്ടാം ആനന്ദം അതുകൊണ്ടിങ്ങനെ പറയുന്നു എന്താണ് ഗോവ സ്വാദി ഇതൊക്കെയാണ് മഹിമ സുഖം ഇതിന് സുഖവുമായി ബന്ധപ്പെടുത്തി ചെല്ലും ഭൂമാവെന്ന് പറയുമ്പോൾ സുഖത്തെ മറന്നു കഴിഞ്ഞാൽ പോയി ഇതിനൊന്നും ഒരർത്ഥമില്ലാതെ ഇവിടുത്തെ ചോദ്യസുഖത്തെക്കുറിച്ചാണ് സമാധാനം പറയുന്നതും സുഖത്തെക്കുറിച്ചാണ് ഭൂമെയ്വസുഖം അതുകൊണ്ടാണ് എന്നെ സുഖവുമായി ചൈത്രനെടുക്കാം ഒരു ജീവൻ ചൈത്രൻന്ന് വെച്ച ഒരു ജീവൻ അവൻ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു ഈ മഹിമയെ ആശ്രയിച്ചിരിക്കുന്നു ഗവാസ്വാദി സുഖത്തെ ആശ്രയിച്ചിരിക്കുന്നു ദ്വന്വാത്മകമായ സുഖത്തെ ആശ്രയിച്ചിരിക്കുന്നു ചൈത്രുഭവതി ക്ഷേത്രനി എത്ര വലിയ സുഖത്തെ അനുഭവിക്കുന്നവനായാലും ശരി സമാധിസുഖം വരെയുള്ള സുഖത്തെ അനുഭവിക്കുന്നവനായാലും ശരി അവന് ഈ ദ്വന്ദ്മകമായ സുഖത്തെ ആസ്വദിച്ചിരിക്കുകയാണ് കസ്തികിരണ്ണിൻ ദാസഭാര്യൻ ക്ഷേത്രീ പക്ഷേ ഇവിടെ ആചാര്യം പറയുന്നു നാഹമേവം പ്രമീണി പക്ഷെ ഞാൻ പറയുന്ന സുഖം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന സുഖമല്ല സങ്കല്പിക്കുന്ന സുഖമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന സുഖമല്ല ഈ സുഖങ്ങളൊന്നുമല്ല നാഹമേവം നാഹമേവം സതോ അന്യം മഹിമാനം ആശതോ ഭൂമ ചൈത്രപരി ഭ്രമി ഭ്രമിമി അതുപോലെയുള്ള ഒരു സുഖത്തെക്കുറിച്ചല്ല പറയും അല്ലേ നാലതിന് അസ്വസ്ഥത ദുഃഖം ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് സുഖം കിട്ടിയില്ല ഒരിക്കലും കിട്ടാൻ പോകുന്ന ഒന്നല്ല പ്രാപ്യമായിരുന്നിട്ട് പ്രാപിക്കുന്നു എന്നല്ല നിത്യാപ്തമാണത് എന്നല്ലേ പറയുന്നു അത് വിശദമാക്കിയാണ് ഞാൻ അങ്ങനെ പറയും നീ ധരിക്കുമ്പോഴല്ല ഞാൻ പറയുന്നു നീ ധരിച്ചിരിക്കുന്ന ഞാൻ പറയുന്നു നീ കേൾക്കുന്നുവെന്ന് ഞാൻ പറയുന്നു നീ മനസ്സിലാക്കുന്നുവെന്ന് ഞാൻ പറയുന്നു നിന്റെ അനുഭവം വേറെ ഒന്നും ഞാൻ പറയുന്നു രണ്ടും രണ്ടു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക പറയുന്നു നാഹമേവം ബ്രീമി സ്വത അന്യം മഹിമാനമാശതോ ഭൂമ അങ്ങനെ ഈ പറയുന്ന അന്യസുഖങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സുഖം നമ്മളെന്താ ചെയ്യുന്നത് ശരി അംഗീകരിച്ചു ഞാൻ സുഖമാണ് ഞാൻ സുഖസ്വരൂപനാണ് പക്ഷെ സുഖസ്വരൂപനായിരുന്നിട്ടും ഞാൻ സുഖത്തിന് വേണ്ടി മറ്റുള്ളതിനെ ആശ്രയിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ ഞാൻ സുഖം നേടുന്നു അല്ലേ സ്വയം സുഖസ്വരൂപമായിരുന്നിട്ട് സ്വയം സുഖ സുഖസ്വരൂപനായിരുന്നു കൊണ്ട് അന്യസുഖങ്ങളെ ആഗ്രഹിച്ചിരിക്കുന്നവൻ എന്നല്ല ഞാൻ പറയുന്നു അങ്ങനെ ഒരു സുഖത്തെ നേടണമെന്നും അങ്ങനെ ഒരു സുഖത്തെ ആഗ്രഹിക്കണമെന്നും ഇനി അങ്ങനെ ഒരു സുഖത്തെ നേടി ഈ സുഖങ്ങൾ ക്ഷണികമാണെന്നും മറ്റും നിത്യസുഖമാണെന്നോ അങ്ങനെ പറയുന്നു എന്റെ അഭിപ്രായം തന്നെ സ്വതോ അന്യം ഭൂമ ചൈത്ര പദ്ധതി അത്ര ഹേതുത്വേന അന്യസ്മിൻ പ്രതിഷ്ഠത സംബന്ധം ഞാനിവിടെ എന്താ പറയുന്നു നീ ആഗ്രഹിച്ച സുഖത്തെ നീ ആഗ്രഹിച്ച രീതിയിലല്ല ഞാൻ വെളിപ്പെടുത്തുന്നത് ഞാൻ പറയുന്നത് നിന്റെ സ്വരൂപമാണ് സുഖം സദേഗമേ വാദിയും ദത്തും മസിന്നെ ഞാൻ അതാണ് സുഖം എന്നാണ് പറയുന്നത് അത് സുഖസ്വരൂപമാണ് ഇതാ ഞാൻ പറയുന്നത് അത് മനസ്സിലാകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് എങ്ങനെ നാഹമേവം പ്രവീ മീ നീ ധരിച്ചിരിക്കുന്ന പോലെയല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെയല്ല നീ ധരിക്കുന്നത് രണ്ടും മനസ്സിലാക്കാം ബ്രവി മീതി പക്ഷെ ഞാൻ പറയുന്നുണ്ട് ഹോ വാച്ച് അന്യൂഹ്യന്യസ് പ്രതിഷ്ഠ നീ എന്താണോ ധരിച്ചിരിക്കുന്ന സുഖം അത് എത്ര വലിയ സുഖമായാലും ശരി ചൈത്രൻ്റെ സുഖം പോലെയുണ്ട് ഗോസ്വാദി മഹിമ അതിനെ ആശ്രയിച്ചുള്ള സുഖമാണ് ആ മഹിമ നിന്റെ ഇതൊന്നും വേണ്ട ഒരു വിഷയമില്ലാതെ തന്നെ മനസ്സിൽ മനപ്പായസം കൊണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരാ സുഖം അനുഭവിക്കാൻ അതും ഒരു ഉപാധിയാണ് ഞാൻ പറയുന്ന നിരുപാധികമായ സുഖത്തെക്കുറിച്ചാണ് നിന്റെ സ്വരൂപം നിരുപാധികമായ സുഖം സ്വസ്വരൂപമാണെന്ന് മനസ്സിലാക്കിയാൽ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരുവന് ഈ സ്വാഭാവികമായ സുഖങ്ങൾക്ക് വേണ്ടി എന്ത് പരിശ്രമം ചെയ്യാൻ പറ്റും പരിശ്രമിച്ചാൽ ഈ നിരുപാധിക സുഖം കിട്ടുവാൻ ആ കർമ്മണ സാധ്യമല്ല എന്നല്ലേ അവൻ അപ്പോൾ ഈ സ്വാഭാവിക സുഖങ്ങളെ കുറിച്ചുള്ള ഭ്രമം മാറുക അത്രയും നിർപാധിക സുഖമൊന്നും ആർജിക്കത്തക്ക ഒന്നല്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നു നഹമേവം പ്രവീമീ നീ ധരിച്ചിരിക്കുന്നത് പോലെയല്ല ഞാൻ പറയുന്നത് നീ ധരിച്ചിരിക്കുന്ന എന്താണ് അന്യോഹ്യ അന്യസ്മിൻ പ്രതിഷ്ഠിത നീ വേറൊരാളായിരിക്കുന്നു എന്നിട്ട് നീ വേറെ സുഖത്തെ നേടാൻ മുക്തിയെ നേടാൻ അത് ശരിയല്ല എന്തുകൊണ്ടിങ്ങനെ പറയുന്നുവരൂപമാണോ അതിനാണ് അടുത്ത സമാനം പറയുന്നത് സേവ അധസ്ഥാദ് സാദ് സപുരസ്ഥാദ് സദക്ഷിണത സ ഉത്തരത സേവേദം അഹങ്കാരാശ്വാഹമേ അധസ്ഥരിഷ്ടഹം പശാപുരസ്ഥിണത്തോ അഹമുത്തരത്തോ അഹമേദം അഥാത്മാദേശ ആത്മേവത ആത്മോപരിഷ്ടാത്മാ പശ്ചാത്മാ പുരസ്ഥിത ആത്മേ വേദം സർമേശം പശ്യൻ എം മന് വിജാനാത്മരതി ആത്മക്രീടാ तस्य कामचारो ए आत्मिथुना अतो विदहु, तुम अथा विदु अन्राजान ते क्षय्यलोगा तुम लोकेश कामचारो